പിന്നീട് പുനരുദ്ധാന നാളിൽ അവൻ അവരെ അപമാനിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്യും നിങ്ങൾ വേണ്ടി തർക്കിച്ച എൻറെ പങ്കാളികളെവിടെ അറിവു നൽകപ്പെട്ടവർ പറയും തീർച്ചയായും ഇന്നത്തെ അപമാനവും തിന്മയും സത്യനിഷേധികൾക്ക് മാത്രമുള്ളതാണ്